അതോ ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കുവേണ്ടി ആകാശത്തുനിന്ന് വെള്ളം ഇറക്കിത്തന്നു അതിലൂടെ മനോഹരമായ തോട്ടങ്ങൾ ഞങ്ങൾ മുളപ്പിച്ചു നൽകുകയും ചെയ്തവനാണോ അതിന്റെ മരങ്ങൾ മുളപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല അള്ളാഹുസുബ്ഹാനഹൂവത്ത ആലയോടൊപ്പം വേറെ ദൈവമുണ്ടോ അവർ സത്യത്തെ വിട്ടു വഴിമാറിപ്പോയ ജനതയാണ്